അതാണ് അപ്രയോജനമെന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിച്ചിട്ടോ പ്രയോജനമൊന്നുമില്ല ബ്രഹ്മവിചാരം കൊണ്ട് പ്രയോജനമില്ല പൂർവ്വപക്ഷ പ്രയോജനം അതായത് സംസാര നികൃത്തിന്റെ അപവർദ്ധ ഇഹ പ്രയോജനം വിപക്ഷം എന്താണ് ബ്രഹ്മവിചാരത്തിന്റെ പ്രയോജനം പറയുന്നത് സംസാരം നിവൃത്തിയാണ് അത് തന്നെ അതാണിഹ എന്നുവെച്ചാൽ ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ പ്രയോജനം സൂക്ഷിക്കുന്നത് പറയാൻ ഇച്ഛിക്കുന്നത് സംസാരച്ച ആത്മ യാഥാത്മ്യ അനുഭവ നിമിത്തം ഈ സംസാരം എന്ന് പറയുന്നത് കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരം അത് ആത്മതത്വജ്ഞാന ഇല്ലാത്ത കൊണ്ടാണ് സംസാരിച്ച ആത്മയാഥാത്മ്യ അനനുഭവം ആത്മതത്വജ്ഞാനം ഇല്ലാത്ത കൊണ്ടാണത് വരുന്നത് അത് ആത്മയാഥാത്മ്യജ്ഞാനേനുവർത്തിനേ അപ്പോൾ ആത്മാഅവിൻ്റെ തത്വജ്ഞാനം കൊണ്ട് അത് മാറ്റേണ്ടതാണ് സംസാരം സച്ചേതയും അനാദി അനാദിന ആത്മയാഥാത്മ്യജ്ഞാനേനു സനുവർത്തതയെ പറയും സഹ എന്ന് സച്ച ഈ സംസാരം അനാദിയായ ാണ് അത് അനാദിയായ ആത്മതത്വജ്ഞാനത്തോടൊപ്പം നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ആത്മതത്വജ്ഞാനവും അനാദിയായിട്ടുണ്ട് സംസാരവും അനാദിയായിട്ടുണ്ട് കുതാസ്യം നിവൃത്തി രണ്ടും അനാദിയായി തുടരുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ജ്ഞാനവും സംസാരവും അനാദിയായിട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ജ്ഞാനം കൊണ്ട് സംസാരം നമ്പർത്തിക്കും എന്തുകൊണ്ട് അവിരോധ രണ്ടും അനാഥിയായിട്ടുണ്ടെങ്കിൽ തമ്മിൽ വിരോധമുണ്ട് ആത്മതത്വജ്ഞാനവും സംസാരവും നമ്മുടെ വിരോധവും രണ്ടും അനാദിയാണ് അതെങ്ങനെ നിവർത്തിക്കും എന്നാണ് കുതശ്ച ആത്മയാഥാത്മ്യ അനുഭവം പിന്നെ ഇപ്പോ രണ്ടും അനാദിയായിരിക്കുമ്പോ ഇപ്പോ ആത്മതത്വജ്ഞാനം ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും രണ്ടും അനാദിയായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആത്മതത്വജ്ഞാനം ഇല്ല അങ്ങനെ പറയാനും പറ്റത്തില്ല എന്തുകൊണ്ട് പറയാൻ പറ്റില്ല നഹി ഞഹി അഹമിത് അനുഭവ ആത്മീയഥാത്മ്യം ജ്ഞാനമസ്തി പൂർവക്ഷി പറയാണ് ഞാൻ എന്നുള്ള അനുഭവത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മ തത്വജ്ഞാനില്ലല്ലോ ആത്മതത്വജ്ഞാനം എന്ന് പറഞ്ഞ് ഞാനെന്ന് പറയുന്ന അനുഭവമാണ് അപ്പോൾ കർത്തൃത്വം ഭോക്തൃത്വം സംസാരവും ഉണ്ട് ഇത് രണ്ടും അനാദിയായിട്ടുണ്ട് അപ്പോൾ ജ്ഞാനം കൊണ്ട് സംസാരം നിവർത്തിക്കുമെങ്കിൽ അഹോ എന്നുള്ള ജ്ഞാനം കൊണ്ട് നിവർത്തിക്കേണ്ടതാണ് അതാണ് യഥാർത്ഥമായ ജ്ഞാനം എന്നാണ് പൂർവക്ഷി പറയുന്നത് എന്നുവെച്ചാ അഹമിത് സർവജനീന സ്ഫുടര അനുഭവ സമർത്ഥിത ആത്മാദേഹേന്ദ്രിയതിരിത സത്യ ഉപനിഷാം സഹസ്രയിലി പറയണു അഹമെന്ന് പറയുന്ന സർവജനീന സ്ഫുടത എല്ലാവർക്കും സർവപ്രാണികൾക്കും സ്ഫുടമായ അനുഭവത്തിലൂടെ സമർത്ഥിതമായിരിക്കുന്ന ആത്മാവ് അതിന് ആ അനുഭവത്തിലൂടെ സിദ്ധമായിരിക്കുന്ന ആത്മാവ് അഹുമെന്നുള്ള അനുഭവത്തിലൂടെ സിദ്ധമായിരിക്കുന്ന ആത്മാവ് ദഹേന്ദ്രിയാദി വ്യതിരിക്ത ആത്മാവ് ദഹേന്ദ്രിയാദികളിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ളതാണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ സിദ്ധമായിരിക്കുന്നതാണ് ഉപനിഷത്താ സഹസ്ത്രീലും എത്ര ഉപനിഷത്ത് വിചാരിച്ചാലും ശരി അന്യധ്യാനം മറ്റൊന്നാക്കാൻ ശക്യ അത് കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ അഹം അനുഭവത്തിലൂടെ ആത്മാവ് സ്പഷ്ടമായിരിക്കുന്നു എന്നാണ് പുറോഷ് പറയുന്നത് അനുഭവ വിരോധ എന്തുകൊണ്ട് അഹമെന്ന് പറയുന്നത് എല്ലാവരുടെയും അനുഭവമാണ് ഇനി ഇതിന് വിരുദ്ധമായും പരിശത്ത് എന്തെങ്കിലും പറഞ്ഞാലും പ്രത്യക്ഷമായ അനുഭവത്തിന് വിരോധമായും പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആത്മാനുഭവം എല്ലാവർക്കുമുണ്ട് സംസാരം രണ്ടും തുടരത്തേ ഉള്ളൂ ആത്മാനുഭവം കൊണ്ട് സംസാരം മാറത്തില്ല ശ്രുതി വിചാരിച്ചാലും കഴിയത്തില്ല അത് ഇത് പറയും ഇതെല്ലാം ആത്മാനുഭവം ശ്രുതിയിൽ നിന്നുണ്ടാകുന്നതാണ് യഥാർത്ഥമായ ആത്മാനുഭവം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു സഹസ്രമോപി ഘടം പടയിറയുന്നു വേദം നൂറ് വിചാരിച്ചാലും ശരി മൺപാത്രത്തെ വസ്ത്രമാക്കാൻ പറ്റില്ല ആക്കാൻ പറ്റില്ല അപ്പൊ അഹം എന്ന് പറയുന്നത് പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ ആത്മാനുഭവമാണ് ഈ ആത്മാനുഭവത്തിനെ മറ്റൊന്നാക്കാനും ഉപരിഷത്ത് വിചാരിച്ചാലും പറ്റത്തില്ല ഇതെല്ലാം ആത്മാനുഭവം എന്ന് പറയാൻ കഴിയത്തില്ല കാരണം അങ്ങനെ ഒരു ശക്തിയൊന്നും ഇല്ല അതിനൊരിക്കലും ഒരു വസ്തുവിനെ മറ്റന്നാക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആത്മാനുഭവമുണ്ട് കടുത്തോ ഭക്തൃത്വം അതിൽ സംസാരാനുഭവം ഉണ്ട് രണ്ടും ഒരുമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആത്മജ്ഞാന സംസാരം നിവർത്തിക്കത്തില്ല എന്നാണ് പറയുന്നത് തസ്മ അനുഭവ ഉപചരിത ഉപചരിതാർത്ഥായ ഉപനിഷത്ത് അതുകൊണ്ട് എന്താണ് അനുഭവത്തിന് വിരോധമായി എന്താണ് അനുഭവവിരോധം ഇപ്പോൾ ഉപനിഷത്ത് പറയുന്ന ജീവപരേകത്വാനാണ് ആത്മജ്ഞാനം അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവത്തിന് വിരോധമാണ് കാരണം ആത്മാവിനെ ഇപ്പം അഹമെന്ന് അറിയുന്നുണ്ട് ആ അനുഭവത്തിന് വിരോധമായിരിക്കും അതുകൊണ്ട് ഉപനിഷത്ത് പറയുന്നത് എന്തായാലും ശരി അത് ഇപ്പോൾ ഉള്ള അനുഭവത്തിന് വിരോധമായതുകൊണ്ട് ഉപനിഷത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഉപചരിതാർത്ഥം അത് ഗോണാർത്ഥമാണ് ഇത് യുക്തം ഉപ്പശ്യാമ്യക്തമായി മനസ്സിലാക്കണം മനസ്സിലാക്കുന്നു എന്നർത്ഥം ആശങ്ക ഇത് ഈ ആശയത്തോടു കൂടിയാണ് ഇവിടെ ഒരു ആശങ്ക പൂർവശത്തെ ഉന്നയിച്ചിട്ട് സിദ്ധാന്തം പരിഹരതി പറയപ്പെടുന്നത് അംഗീട്ടൂർ പരിഷ്മസ്മത് പ്രയ ഗോചരയോ വിഷയോ തസ്വഭാവയോ ഇതരേത ഭാവനുഭൂത്തോ സിദ്ധാ തധർമാണി സൂത്രം ഇതരി ഭാവത്തി അസ്മത് പ്രത്യഗോചര വിഷയണേ യുഷ്പോചിര വിഷയ തദ്ധർമാധ്യസ തദ്ദേശ വിഷയം ചേയസോ നിത്യഭം യുക്തം എന്നുവച്ച ഇത്രയും പറഞ്ഞിരിക്കുന്നു പൂർവപക്ഷണ വ്യത്യാസത്തിന്റെ ആ പൂർവക്ഷം ആണ് ഇവിടെ സമർത്ഥിച്ചത് ആ പൂർവക്ഷ പ്രധാനമായും പറയുന്നത് എന്താണ് ഇവിടെ പ്രധാനമായും പൂർവക്ഷയിലൂടെ സിദ്ധാന്തി ചെയ്യുന്നത് ആത്മാവിനെ സമർപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരാത്മാണത് ശരീരത്തിൽ നിന്നും ഭിന്നമായൊരാത്മാവുമുണ്ട് അതെങ്ങനെ സമ്മർദ്ദിക്കുകയും പറയുന്നു അത് ശരീരമാറ്റമുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിനകം പല ശരീരങ്ങളും മാറുന്നുണ്ട് എന്ന് ശരീരത്തിൻ്റെ അവസ്ഥ മാറുന്നാണ് എന്നാലും ഞാൻ മാറാതിരിക്കുന്നു പിന്നെ ജാഗ്രത സ്വപ്നങ്ങളിലും ശരീരം മാറുന്നു ഞാൻ മാറുന്നില്ല യോഗവ്യാഘരൻ അവിടെ പല ശരീരം സ്വീകരിക്കുന്നു പക്ഷെ ഞാൻ മാറുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന എന്റെ ആശ്രയങ്ങളാണ് ആത്മാവ് എന്ന് പറയുന്നു അപ്പം അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളിലും ആത്മാവിനെ സമർത്ഥിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും ആത്മാവ് എന്ന് സമർത്ഥിക്കുന്ന യുക്തി ഇതുതന്നെയാണ് ആത്മാവില്ല എന്ന് വാദിക്കുന്നവരാണ് ചാർഭാഗന്മാർ ആ ചാർഭാഗന്മാരെ ഖണ്ഡിക്കുന്നത് ഈ യുക്തിയാണ് അവിടെ പറഞ്ഞൊരു ഇരിക്കുന്ന വ്യക്തിയാണ് ഇതനുസരിച്ച് ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ടൊരു ആത്മാവുണ്ട് എന്നാണ് ആത്മാവിനെ സമ്മർദ്ദിക്കുന്ന യുക്തിയിലൂടെ അങ്ങനെ സമ്മർദ്ദിക്കാൻ പറ്റും ഇത്രയും പറഞ്ഞു കഴിഞ്ഞ പിന്നെ സിദ്ധാന്തം പറയുന്നു അത് വ്യാഖ്യാനിക്കുന്നു അത്രമിഥ്യതയുക്ത സംഘാഗ്രന്ഥസ്മത് പ്രത്യേകി മിഥ്യുക്തം ഇതുവരെ ഇതുവരെ വ്യക്ാനിച്ച ഭാഗം അത് സംഘാഗ്രന്ഥമാണ് പൂർവക്ഷണു തരിഹാരോന് അന്യന്യാവേക എന്നിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് സമാധാനം സിദ്ധാന്തം പരിഹാരഗ്രന്ഥം എന്ന് വെച്ചാൽ അവിടെ അധ്യാസം ഉണ്ടെന്ന് സമർത്ഥിക്കുകയാണ് തഥാവിധി അഭിദാന ശങ്കായം യദ്യവിയിൽ പഠിത്തുകയും ഇവിടെ ഭാഷ്യത്തിൽ തുടങ്ങുമ്പോൾ യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയൂഹവും തുടങ്ങുന്നത് പറയുന്നു അതുപോലെ അവിടെ യദ്യവി എന്ന് ചേർന്നു എന്നാലേ അത് പൂർവ്വപക്ഷമാണെന്ന് തിരിച്ചറിയാൻ കഴിയും കാരണം സമാധാനം പറയുന്നിടത്ത് തഥാപി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവ രണ്ടും തമ്മിലും നിത്യസംബന്ധമാണ് ഇവിടെ ഇല്ലെങ്കിലും അത് ചേർത്തോളും എന്ത് ബിന്നിവിടെ കാണുന്നു അത് പൂർവപക്ഷം തഥാപിന്നിവിടെ തുടങ്ങുന്നു അത് സിദ്ധാന്തം അത് പഠിക്കേണ്ടതാണ് ഇവിടെ ഇല്ല ചേർത്തോളം ഭാഷ ഇതം അസ്മത് പ്രത്യകോചരയോക്തേ യുഷ്മത് ഗ്രഹങ്ങളും അത്യന്ത ഭേദോപലക്ഷണാർത്ഥം യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോ എന്ന് പറയുന്നത് യുഷ്മത് എന്ന് പറഞ്ഞാൽ നീ എന്നാണ് നീ ഇവിടെ നീ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതിനെയൊക്കെയാണ് ഇതിനെയൊന്നും സാറിന് ആരും നീ എന്ന് പറയാറില്ല അങ്ങനെ പറയാറുണ്ട് ഇതിലൊക്കെ ഇതെന്നേ പറയാറുള്ളൂ പക്ഷേ ഇവിടെ ഭാഷ്യത്തിൽ യുസ്മെന്നുള്ള ശബ്ദം കൊണ്ട് ശരീരേന്ദ്രിയാദികളൊക്കെ എന്തുകൊണ്ട് പറഞ്ഞു അവിടെ ഇതെന്നല്ലേ പറയേണ്ടത് പ്രത്യേകി വക്തവ്യ അങ്ങനെ പറയേണ്ട വിഷ്ണു ഗ്രഹണം അത്യന്ത ഭേദോപരക്ഷണം ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യക്തമായ ഭേദം അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നതിന് നീ എന്ന് പറയും കാരണം ഞാൻ നീ എന്ന് വേറെ ആളോട് പറയുമ്പം നീ എന്ന് പറയുന്ന എന്നിൽ നിന്നും വളരെ ഭിന്നനാണെന്ന് വ്യക്തമാണ് അപ്പം നീ എന്ന് പറയുന്ന ശബ്ദമെന്ന് പറയുന്ന വ്യക്തതയും കാണിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ് അതുപോലെ ഞാൻ നീ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ മറ്റൊരു വ്യക്തി എന്നിൽ നിന്നും തികച്ചും ഭിന്നനായിരിക്കുന്നത് അതുപോലെ ഈ ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും എല്ലാം ഉപയോഗിച്ച് നീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യക്തമാകും ഈ ശരീര ഇന്ദ്രിയങ്ങളെല്ലാം മുന്നിൽ നിന്ന് ആത്മാവിൽ നിന്ന് വ്യക്തമായും ഭിന്നമാണ് അങ്ങനെ അത്യന്ത ഭേദോപലക്ഷണാർത്ഥം അത് അത്യന്ത ഭേദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വിശദീകരിക്കുന്ന യഥാഹി ഹങ്കാര പ്രതിയോഗി ത്വങ്കാരുഹങ്കാര അഹം എന്ന് പറയുന്നതിന് നേരെ വിരുദ്ധമായി വരുന്ന നീയാണ് ഇതെന്നല്ല അഹംന്ന് പറയുന്നതിന്റെ വിരുദ്ധ ശബ്ദം ഓപ്പോസിറ്റായി വരുന്ന ശബ്ദം വിവിരീത പദമെന്ന് പറയുന്നത് നീയാണല്ല ഇതല്ല അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഇതുപയോഗിച്ചുകൂടാതെ വയം ഇമേ വയം ആസ്മഹേ ഈ ഞങ്ങൾ എന്ന് പറയാറുണ്ട് ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ അഭേദമായി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ അർത്ഥം വരുന്ന ശബ്ദവും ഈ ഇതെന്ന് അർത്ഥം വരുന്ന ശബ്ദവും അപ്പൊ ഞാൻ ഇത് അഭേദമായി പ്രയോഗിക്കാറുണ്ട് ഈ ഞങ്ങൾ എന്ന് പറയാറുണ്ട് പക്ഷെ നീ ഞങ്ങളെന്ന് പറയാറുണ്ട് അപ്പൊ ഈ ഞങ്ങളെന്ന് അഭേദമായി പറയുന്നത് കൊണ്ട് ഈ എന്ന് പറയുന്നത് ഞങ്ങളെന്ന് പറയുന്ന തമ്മിൽ അത്ര വലിയ വിരോധമില്ല പക്ഷെ നീ ഞങ്ങളെന്ന് പറയാതിരിക്കാത്തോണ്ട് നീ എന്ന് പറയുന്നത് ഞങ്ങളെന്ന് പറയുന്നത് തമ്മിൽ വിരോധമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നീ എന്നുള്ള അർത്ഥത്തിലുള്ള യുഷ്മത് ശബ്ദം പ്രയോഗിച്ചത് എന്നാണ് ഏതേമായും ആത്മഹയം പ്രയോഗര ശബ്ദമാണ് പിന്നെ വിഷയി എന്താണെന്ന് പറയുന്നത് ചിത് സ്വഭാവ ആത്മാവിഷയി ചിത് സ്വരൂപത്തിലുള്ള ആത്മാവ് അതാണ് വിഷയി ജഡസ്വഭാവ ബുദ്ധി ഇന്ദ്രിയ ദേഹാദിയോ വിഷയ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ജഡസ്വഭാവത്തിലുള്ള ബുദ്ധി ഇന്ദ്രിയം ദേഹം എന്ന വിഷയങ്ങളാണ് അപ്പൊ എന്താണ് വിഷയി എന്താണ് വിഷയം എന്ന് പറയുന്നു ആത്മാവാണ് വിഷയി ദേഹാദികളാണ് വിഷയങ്ങൾ ചിതാത്മാനം വിഷുനന്തി അവ ബന്ധിന്തി ഏതെന്ന് പറഞ്ഞാൽ ഈ ശരീരേന്ദ്രിയ വിഷയങ്ങൾ ചിതാത്മാവിനെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ശരീര ഇന്ദ്രിയ വിഷയങ്ങൾ ചിതാത്മാവിനെ ബന്ധിക്കുന്നു വെച്ചാൽ സ്വയനരൂപേണ നിരൂപണീയന്തി ഈ ദേഹേന്ദ്രിയദികളെല്ലാം അതാതിന്റെ രൂപത്തിൽ ദേഹാദിരൂപത്തിൽ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു ദേഹാദികളുടെ രൂപത്തിൽ ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നു ഇങ്ങനെ അഹം സ്ഥൂലഹ ദേഹത്തെ അഹമായി പ്രകാശിപ്പിക്കുന്നു അഹം അന്തഹ ഇന്ദ്രിയഹമായി പ്രകാശിപ്പിക്കുന്നു അപ്പോ ഇതാണ് ദേഹാദികൾ ആത്മാവിനെ ദേഹാദികളായി പ്രകാശിപ്പിക്കുന്നു ചിതാത്മാവിന് ദേഹാദികളായി പ്രകാശിപ്പിക്കുന്നു പരസ്പരനധ്യാസേതു അത്യന്ത വിലക്ഷിണിയെ ദൃഷ്ടാന്ത ഈ പരസ്പരം എന്താണ് അധ്യാസം എന്തുകൊണ്ട് ഇത് അത്യന്തം ഭിന്നങ്ങളാണ് അതിന് ദൃഷ്ടാന്തമായി പറഞ്ഞത് തമപ്രകാശപദ്ധീ പൂർവോക്ഷിയാണെങ്കിൽ ഇത് വ്യാഖ്യാനിക്ക പൂർവക്ഷത്തിലാണെങ്കിൽ ഇത് വ്യാഖ്യാനിക്കുന്നത് പൂർവക്ഷമാണ് ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം എന്ന് വെച്ചാൽ താതാന്യം ഭിന്നങ്ങളാണ് അതുപോലെ ഇരുളും വെളിച്ചവും പോലെ സമുദാചരവൃത്തിനി പ്രകാശതമസി പരസ്പരാത്മകയാ പ്രതിപത്തും അർഹത പൂർവ്വപക്ഷി പറയുന്നത് ഒരിക്കലും സമുദാചരവൃത്തിനി പരസ്പര ഭിന്നങ്ങളായിരിക്കുന്നു അത്യന്തം ഭിന്നങ്ങളായി അനുഭവപ്പെടുന്ന പ്രകാശ തമസി പരവസ്മരാ മതയ താതാമ്യ രൂപത്തിൽ പ്രകൃതി അനുഭവപ്പെടത്തില്ല ഇരട്ടും വിളിച്ചും അത്യന്തം ഭിന്നങ്ങളാണ് അതൊന്നായിട്ട് താതാമ്യത്തിൽ ഇരടും വിളിച്ചും ഒന്നായിട്ട് ആർക്കും അനുഭവപ്പെടത്തില്ല ം ഇതരേതരഭാവ അനുപത്ത വിധി അതാണ് ഇതരേതരഭാവം എന്ന് വെച്ചാൽ താതാത്മ്യം ഇതരേതര ഭാവേ ഇതരേതരത്വം എന്ന് പറഞ്ഞാൽ താതാത്മ്യം എന്നർത്ഥം അതൊരിക്കലും സംഭവിക്കത്തില്ല താതാത്മ്യ വിധിയാണ് അപ്പോൾ ആത്മാവും അനാത്മാക്കളും തമ്മിലുള്ള താതാത്മ്യം ഒന്നാകാന്നുള്ളത് സംഭവിക്കില്ല അതാണ് വിദ്യഹാസം ഇതെല്ലാം പുറോക്ഷറുകയാണ് എന്തുകൊണ്ട് ആത്മാവ് വെളിച്ചം പോലെയാണ് ശരീരാദികളെല്ലാം ഇരുളു പോലെയാണ് ഇത് അഭേദമാകത്തില്ല തസ്യനുഭവും അതങ്ങനെ ഒന്നാകാത്തതുകൊണ്ട് ഇത്രയും പൂർവക്ഷ പറയാണ് അതിനെ വിശദീകരിക്കുകയാണ് ശരി ആയിക്കോട്ടെ മാഭൂധർമ്മണോഹ പരസ്പര ഭാവ തദ്ധർമാണാന് ചൈതന്യനിത്യത്വ അനുത്വീനായ അപ്പോ പറയുന്നു ഇതിൽ തന്നെ ഈ പൂർവക്ഷിക്കൊരു പൂർവ്വപക്ഷം പറയുന്നു സിദ്ധാന്തിയാകാം അല്ലെങ്കിൽ മധ്യസ്ഥനാകാം വേറെ ആൾ പറയാണ് ആത്മാവ് അനാത്മാവും തമ്മിൽ കൂടി ചേരില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയെന്നെയാണ് ഇത് പരസ്പര വിരുദ്ധമാണ് ഒന്ന് വെളിച്ചമാണ് മറ്റൊന്ന് ഇരുട്ടാണ് രണ്ടും തമ്മിൽ കൂടി ചേരില്ല പക്ഷേ എന്താണ് അവയുടെ ധർമ്മങ്ങൾ അങ്ങനെ ആത്മാവിൻ്റെ ധർമ്മമാണ് ചൈതന്യം ബാഹ്യമായ വിഷയങ്ങളുടെ ധർമ്മമാണ് ജഡത്വം ഇവ കൂടി തല്ലരാമല്ലോ അപ്പൊ അവിടെ ധർമ്മി ധർമ്മം രണ്ടായിട്ടിരിക്കുകയാണ് ആത്മാവ് ധർമ്മം ധർമ്മി വിഷയങ്ങൾ ധർമ്മമുള്ളത് ധർമ്മി ആത്മാവ് ധർമ്മിയായിരിക്കുമ്പോൾ അവിടെ ധർമ്മമായി ചൈതന്യം വിഷയങ്ങൾ ധർമ്മിയായിരിക്കുമ്പോ ധർമ്മമായി ജഡത്വം അപ്പൊ ധർമ്മികൾ തമ്മിൽ ആത്മാവ് അനാത്മാവും തമ്മിൽ താതാർയം എന്തെങ്കിലും അവയിലിരിക്കുന്ന ധർമ്മങ്ങൾ തമ്മിൽ പരസ്പരം താതാർ ബന്ധം ജഡത്വവും ചൈതന്യവും തമ്മിൽ ം വരാമല്ലോ ഉദാഹരണം പറയുന്നു ദൃശ്യോർ വിവേകൃവി തദ്ധർ ഉദാഹരണം പറയുന്നു ധർമ്മികൾക്ക് താതാത്മ്യം വന്നില്ലെങ്കിലും ധർമ്മികളെ പ്രത്യേകം പ്രത്യേകം അറിഞ്ഞാലും ധർമ്മത്തിൽ താതാത്മ്യം വരാറുണ്ട് പറയും യഥാ കുസുമാ ഭേദനോ ഗൃഹ്യമാണ് അതിസ്വച്ഛതയാ ജാ കുസുമാ പ്രതിബിംബ ഉത്ഗ്രാഹിണി അരുണസ്പിക അരുണസ്പടിക സ്പടികം ചുവന്നിരിക്കുന്നു എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടാകാം എന്നാണ് അപ്പോഴാണ് സ്വച്ഛമായ സ്പടികം ഒരടുത്തിരിക്കുകയും എൻ്റെ അടുത്തൊരു ചെമ്പരത്തി പോയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ഫടികത്തിൽ നോക്കിയിട്ട് ഒരാൾ പറയും ആ നല്ല ചുവന്ന സ്പടികം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അവിടെ പുസ്തകവും ഫടികവുന്നാവുന്നില്ല ധർമ്മികൾ തമ്മിൽ താതാത്മ്യമില്ല പുസ്തകം തന്നെ പുഷ്പം രക്തപുഷ്പം തന്നെ സ്പടികം സ്ഫടികം തന്നെ രക്തപുഷ്പം അങ്ങനെ ഒരു താതാത്മ്യല്ല അങ്ങനൊരു അനുഭവം ഇല്ലെങ്കിലും ആ രക്തപുഷ്പത്തിന്റെ കളറ് എന്താണ് സ്ഫടികത്തിൽ കണ്ടിട്ട് സ്പടികം ചോപ്പാണെന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് അതുപോലെ ആത്മാവും അനാത്മാവിനും തമ്മിൽ താതാന്യം വന്നില്ലെങ്കിലും അനാത്മാവിന്റെത അത് ആത്മാവിന് വരാം അങ്ങനെ സംഭവിക്കാം അനാത്മധർമ്മം ആത്മാവിന് വരാം മഹാഭൂധർമ്മിണോഹോ പരസ്പര ഭാവ രണ്ട് ധർമ്മികൾ തമ്മിൽ താതാന്യം വരത്തില്ല ആത്മാവും അനാത്മാവും തമ്മിൽ തദ്ധർമാണെന്ന് പക്ഷെ അവരുടെ ധർമ്മങ്ങൾക്ക് ജഡത്വം അനാത്മാവിന്റെ ധർമ്മം ആത്മാവിന്റെ ധർമ്മം നിത്യത്വീന നിത്യത്വം ആത്മാവിന്റെ ധർമ്മം അനിത്യം ജഡത്തിന്റെ ധർമ്മം ഇതരേതിരാധ്യാസം ഭൗഷ്യതിരേതിരാധ്യാസം വരും ദൃശ്യത വിവേകഗ്രഹിണേർമാണോഅ്യാസികളെ വേറെ തിരിച്ചറിഞ്ഞാലും ധർമ്മത്തിൽ അധ്യാസം വരാം യഥാകുസ്മാഹ്യമാണ് അഭി അടുത്തിരിക്കുന്ന പൂവിൽ നിന്നും വേറിട്ട് സ്ഫടികത്തെ അറിഞ്ഞു കഴിഞ്ഞാലും അതിസ്വച്ഛതയാഫടികമണിയ അതിസ്വച്ഛമായതുകൊണ്ട് അത് അതിസ്വച്ഛമായതുകൊണ്ട് ശുദ്ധമായതുകൊണ്ട് അതിൽ ജബാകുസ പ്രതിബിംബവും ചെമ്പരത്തി പൂവിന്റെ പ്രതിബിംബം അവിടെ കാണാറുണ്ട് അങ്ങനെ ആ പ്രതിബിംബത്തെ ഉദ്ഗ്രാഹിണി ഗ്രഹിക്കുന്നതായ ാലും അതായത് വരെ ചെമ്പരത്തിപ്പൂ വരെ നിങ്ങൾ വ്യത്യസ്തമായിരുന്നാലുംകത്തിൽ ഒരാൾക്ക് ചുവന്ന സ്പടികം എന്നുള്ള ഭ്രാന്തി ഉണ്ടാകാം ചെമ്പരത്തിപ്പൂവിന്റെ പ്രതികത്തിൽ പറയുന്നു അതുകൊണ്ട് ഇവിടെ ആത്മാവും അനാത്മാവും വ്യത്യസ്തമായിരുന്നാലും എന്ത് സംഭവിക്കാം സംഭവിക്കാം എന്ന് പറയുന്നത് താതാത്മ്യം സാദൃശ്യമുള്ള താതാത്മ്യം ാണ് പറയുന്നത് കുസുമത്തിൽ നിന്നും ചമ്പടത്തിൽ നിന്നും വേറിട്ട് ഗ്രഹിച്ചാലും അതിസ്വച്ഛത സ്വച്ഛമായതുകൊണ്ട് അതിന് ജവാബ് സുമ പ്രതിബിംബ ഗ്രഹാണ് ജപാകുസുമത്തിന്റെ പ്രതിബിംബത്തെ ഗ്രഹിക്കുന്ന അരുണസ്ഫടികം ചുവന്ന സ്ഫടികം ഇത് ആരുണ്യ വിഭ്രമ അല്ലാരുണ്യ എന്താണ് പറയുന്നത് ചെമ്പാ ജപാകുസുമെമ്പരത്തി വേറെയാണ് സ്ഫടികം വേറെയാണ് ചെമ്പരത്തിയുടെ പ്രതിബിംബം സ്ഫടികത്തിൽ വരുന്നു അതുകൊണ്ട് സ്ഫടികത്തെ കണ്ടിട്ടൊരാൾ ചുവന്ന സ്ഫടികം ഭ്രമം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് രണ്ട് ധർമ്മികളിലും ആത്മാവിനും അനാത്മാവിനും താതാമ്യം വന്നിട്ടുണ്ടെങ്കിലും എന്താണോ ധർമ്മങ്ങളിൽ താതാമ്യം സംഭവിക്കാം അതമുക്തം തദ്ധർമാണഭി അതുകൊണ്ടാണ് ഭാഷകാരം പറഞ്ഞ് തദ്ധർമാണി സ്വതരാതരേതര ഭാവം അനുഭവത്തിരത്ര ധർമ്മിണി ധർമാണം ഭാവോ വിനിമയ എന്താണോ രണ്ട് ധർമ്മികളിൽ എന്താണ് ധർമ്മങ്ങളുടെ കലരൽ ധർമ്മങ്ങൾ അതിലേക്ക് പോവുക ധർമ്മങ്ങളുടെ താതാർണ്യം നടത്തും സസ്യാനുഭവത്തിൽ അത് സംഭവിക്കാൻ പാടില്ല എന്ന് പൂർവക്ഷി പറയുന്നു അയോഭിസന്ധി ഇതാണ് എന്റെ താല്പര്യം എന്താണ് രൂപദ്രവ്യ അതിസ്വച്ഛതയാ രൂപതോ ദ്രവ്യാന്തര ഗ്രഹ്യമാണസ്യാഭിഛായാകൃയ നിങ്ങള് പറഞ്ഞ ഉദാഹരണം ശരിയാണ് ചെമ്പരത്തിപ്പൂ ചുവന്നിരിക്കുന്നു അടുത്ത് സ്ഫടികം ഇരിക്കുന്നു ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രതിബിംബം സ്ഫടികത്തി വരാം എന്തുകൊണ്ട് ഈ ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത് ചുവന്ന നിറമുള്ളതാണ് സ്ഫടികം എന്ന് പറയുന്നത് സ്വച്ഛമായ നിറത്തോടു കൂടിയതാണ് അപ്പോൾ രണ്ട് നിറമുള്ള വസ്തുക്കളിൽ ഇതൊക്കെ സംഭവിക്കാം പ്രതിബിംബം വന്നിട്ട് താതാമ്യം സംഭവിക്കാം അതാണ് രൂപദ്രവ്യം രൂപമുള്ള ഒരു വസ്തു അതി സ്വച്ഛതയാ ഉദാഹരണം അരൂള മറ്റൊരു ദ്രവ്യ അതായത് ചെമ്പരത്തിപ്പൂവിന്റെ എന്താണ് തത് വിവേകനഗൃഹമാണ് സ്യാവി രണ്ടും വേർതിരിച്ചറിയാമെങ്കിലും ഛായാങ്കർയാ ചെമ്പരത്തിപ്പൂവിന്റെ പ്രതിബിംബം ഗ്രഹിക്കും ചിതാത്മാഅോ വിഷയിഷയം ഗ്രാഹയിതുർഹതി അസുഖത്തെ ആത്മാവെന്ന് പറയുന്നത് നിറവുള്ളതല്ല അതുകൊണ്ട് തന്നെ എന്താണ് നിറമുള്ള മറ്റൊരു വസ്തുവിൻ്റെ പ്രതിബിംബാതിൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും മറ്റൊന്നിൻ്റെ പ്രതിബിംബാതി ഗ്രഹിക്കത്തില്ല കാരണം ആത്മാവിന് നിറമില്ല രൂപമില്ല സ്ഫടികത്തിന് നിറമുള്ളതുകൊണ്ടാണ് അത് രൂപത്തെ ഗ്രഹിക്കുന്നത് നിറൂപമുള്ള ഒന്നിൻ്റെ പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നത് അതാണ് ചിതാത്മാഅ അരൂപവും ചിതാത്മാവാണെങ്കിലും അതിന് രൂപമില്ല വിഷയി അതിനൂടെ വിഷയി എന്ന് പറഞ്ഞത് ും പ്രതിബിക്കുന്നതിനാണ് ശേഷിയില്ല യഥാവും പ്രതിബിംബത ശബ്ദം ഗന്ധം രസം താർക്കികന്മാര് പറയണേക്ക് എങ്ങനെ പ്രതിബിംബം ഉണ്ടാവും എന്നൊന്നും പ്രതിബിംബം ഉണ്ടാകത്തില്ല അധിക ശേഷിയ അതുകൊണ്ട് തസ്മാ പിന്നെ ശേഷിക്കുന്ന എന്താണ് വിഷയവിഷയണോരന്യോന്യാ സംഭേദന ഇവ തദ്ധർമാണി പരസ്പര സംഭേദന വിനിമയാത്മന ഭവു അതുകൊണ്ടെന്താണ് വിഷയവും വിഷയവും തമ്മിൽ അന്യോന്യാത്മസംഭേദന സ്വരൂപത്തിലുള്ള താതാത്യം താതാത്മ്യാസം സംഭേദം ആത്മസംഭേ അന്യോന്യാത്മസംഭേദം അന്യോന്യസ്വരൂപങ്ങളുടെ താതാത്മ്യം ആ താതാത്മ്യ അധ്യാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നത് ധർമാണാവ് ഈ രണ്ടെണ്ണത്തിന്റെയും ധർമ്മങ്ങൾ ജഡത്വം ചൈതന്യം ഇവയുടെ പരസ്പര സംഭേദം പരസ്പര താതാന്യം സംഭവിക്കത്തുള്ളൂ വിനിമയ രൂപത്തിൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സംഭവിക്കത്തുള്ളൂ ആത്മാവും അനാത്മാവും തമ്മിൽ താതാന്യം വന്നാലേ ആത്മധർമ്മമായിരിക്കുന്ന ചൈതന്യവും അനാത്മധർമ്മമായിരിക്കുന്ന ടവും തമ്മിൽ താതാത്മ്യം വരത്തുള്ളൂ പൗച്ച ധർമ്മളു അത്യന്ത വിവേകാന ഗൃഹ്യമാണോ അസംഭിന്നവും പറയുന്നു ഇവിടുത്തെ ധർമ്മികൾ എന്ന് പറയുന്ന ആത്മാവും ആത്മാവും അത്യന്ത വിവേകീന ഗൃഹ്യമാണോ പരസ്പരം ഭിന്നമായാണ് അതിനഗ്രഹിക്കുന്നത് അസംഭിന്നവും അത് പരസ്പര ഭിന്നങ്ങളാണ് താതാത്മ്യം അസംഭിന്ന യോ ധർമാവ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആത്മാഅ അനാത്മാക്കളുടെ ധർമ്മങ്ങൾ ഒരിക്കലും കൂടി ചേരത്തില്ല അത് താതാത്മ്യം സംഭവിക്കത്തില്ല അധ്യാസം സംഭവിക്കത്തില്ല സ്വാശ്രയാഭ്യാം വ്യവധാനേന ദൂരാഭേദത്വ സ്വാശ്രയങ്ങൾ ആത്മാവിന്റെയും അനാത്മാവിന്റെയും ധർമ്മങ്ങളായിരിക്കുന്ന ആശ്രയങ്ങൾ ആത്മാവും അനാത്മാവും തമ്മിൽ വ്യവധാനങ്ങളോണ്ട് എന്ന് വെച്ചാൽ അവിടെ താതാത്മ്യം സംഭവിക്കാത്തതുകൊണ്ട് ദൂരാഭേദത്വം അവയുടെ ധർമ്മങ്ങളുടെ താദാത്മേ സംഭവിക്കില്ല തദ്ദമുക്താണ് വിഷയ വിരിയണോ എന്ന് പറയുന്നത് എങ്ങനെയാണോ വിഷയത്തിന്റെ ധർമ്മം വിഷയിൽ വരാത്ത വിഷയുടെധർമ്മം വിഷയത്തിൽ വരാത്ത അതുപോലെ വിഷയത്തിന്റെ ധർമ്മം വിഷയിലും വരത്തില്ലെന്ന് അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ർഥത്തിലാണോ എന്ന് വെച്ചാൽ സാന്ന് പറയുന്ന അനുവചനീയ അർത്ഥത്തിലല്ല മിഥ്യ എന്ന് വെച്ചാൽ അധ്യാസം സംഭവിക്കത്തില്ല എന്നർത്ഥം നിഷേധം